യൂണിറ്റ് ട്വൽ ലെസൺ ഫിഫ്റ്റീൻ ലിസൺ പരീക്ഷ കഴിഞ്ഞല്ലേ ഉള്ളൂ പരീക്ഷ കഴിഞ്ഞ് നീ നാട്ടിൽ എന്നെത്തി ഞാൻ ഇപ്പോ വരുന്നേ ഉള്ളൂ വീട്ടിൽ പോലും കയറിയില്ല അമ്മാവിനെ കാണാൻ നേരെ ഇങ്ങോട്ട് വന്നു അപ്പോ അകത്തുപോയി പള്ളി തേച്ച് കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരൂ ട്രെയിനിൽ വെച്ച് തന്നെ ആ ജോലിയൊക്കെ തീർത്തു സ്റ്റേഷനിൽ രാമൻ ഹാജരുണ്ടായിരുന്നു സാമാനമൊക്കെ അവന്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയച്ചു എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്കും പോന്നു പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ ഒന്നാം റാങ്ക് കിട്ടുമോ പരീക്ഷ മിനിഞ്ഞന്ന് കഴിഞ്ഞല്ലേ റിസൾട്ട് ജൂൺ മാസത്തിലല്ലേ വരള്ളൂ എന്നാലും നിനക്ക് ഊഹിച്ചു നോക്കാമല്ലോ ഫസ്റ്റ് ക്ലാസ് തീർച്ചയായും കിട്ടും ഒന്നാം റാങ്കിന്റെ കാര്യം പറയാനാവില്ല ആദ്യത്തെ അഞ്ചു പേരും ഞാനും വന്നേക്കും അതുപോലോ വിജയാ നീ ഒന്നാമനായി വരണം വന്നേ തീരൂ അതാണ് എന്റെ ആശ അമ്മാവൻ നിരാശപ്പെടണ്ട ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു ഒരൊറ്റക്കാര്യമേ ഞാൻ ചെയ്യാതെ ഉള്ളൂ എന്താണത് പ്രൊഫസറുടെ പിന്നാലെ അടക്കൽ എല്ലാ വർഷവും അതിനുമുണ്ടാവും കുറെ പേർ അവരിൽ ഒരാൾക്കെ സാധാരണ ഒന്നാം റണയ്ക്ക് കിട്ടുകയുള്ളൂ നീ ഒരാളുടെയും പുറകെ വാലാട്ടി നടക്കണ്ട അവനവന്റെ മിടുക്കുകൊണ്ടും പ്രയത്നം കൊണ്ടും കാര്യം നേടണം മനസാക്ഷിക്ക് വിപരീതമായിട്ട് ഒന്നും ചെയ്യണ്ട ശരി ശരി നമുക്ക് നീ പിന്നെ സംസാരിക്കാം നീ അകത്തുപോയി അമ്മാവിയെ കാണാം ഇന്നലെയും അവൾ നിന്റെ കാര്യമേ ചോദിച്ചുള്ളൂ അമ്മാവിക്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു കുറച്ച് ഭേദമുണ്ടോ ആസ്മയുടെ ഉപദ്രവം അധികമില്ല പക്ഷേ മറ്റു അസുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടരുന്നു ഡോക്ടർ രാമനെ കാണിച്ചു നോക്കിയോ മെടുക്കനാണ് അദ്ദേഹം നിനക്കറിയില്ലേ അവളുടെ നിർബന്ധപുത്തി പുതിയ ഡോക്ടർമാരെ ഒന്നും അവൾക്ക് വിശ്വാസമില്ല നാട്ടുവൈദ്യ ചികിത്സയെ അവൾക്ക് വേണ്ടു ശാന്ത ചേച്ചി അമ്മാവിയെ കുറച്ചു ദിവസത്തേക്ക് കൊണ്ടുപോകട്ടെ ഒരു സ്ഥലം നല്ലതാണല്ലോ ശാന്ത നന്നാ നിർബന്ധിച്ച് നോക്കി പക്ഷേ അവൾ പോയില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് അവൾ എന്തും ചെയ്യുള്ളൂ ലിസൺ ആൻഡ് റിപ്പീറ്റ് പരീക്ഷ കഴിഞ്ഞ നീ നാട്ടിൽ എന്നെത്തി പരീക്ഷ കഴിഞ്ഞ നീ നാട്ടിൽ എന്നെത്തി ഞാൻ ഇപ്പോ വരുന്നേ ഉള്ളു ഞാൻ ഇപ്പോ വരുന്നേ ഉള്ളൂ വീട്ടിൽ പോലും കയറിയില്ല വീട്ടിൽ പോലും കയറിയില്ല അമ്മാവിനെ കാണാൻ നേരെ ഇങ്ങോട്ട് വന്നു അമ്മാവനെ കാണാൻ നേരെ ഇങ്ങോട്ട് വന്നു അപ്പോ അകത്തു പോയി പല്ല് തേച്ച് കുളിച്ച് അപ്പോ അകത്ത് പോയി പല്ല് തേച്ച് കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരൂ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരൂ ട്രെയിനിൽ വെച്ച് തന്നെ ആ ജോലിയൊക്കെ തീർത്തു ട്രെയിനിൽ വെച്ച് തന്നെ ആ ജോലിയൊക്കെ തീർത്തു സ്റ്റേഷനിൽ രാമൻ ഹാജരുണ്ടായിരുന്നു സ്റ്റേഷനിൽ രാമൻ ഹാജരുണ്ടായിരുന്നു സാമാനമൊക്കെ അവന്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയച്ചു സാമാനമൊക്കെ അവന്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയച്ചു എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്കും പോന്നു എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്കും പോന്നു പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ ഒന്നാം റാങ്ക് കിട്ടുമോ ഒന്നാം റാങ്ക് കിട്ടുമോ പരീക്ഷ മിനിഞ്ഞാന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ പരീക്ഷ മിനിഞ്ഞാന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ റിസൾട്ട് ജൂൺ മാസത്തിൽ അല്ലേ വരുള്ളൂ റിസൾട്ട് ജൂൺ മാസത്തിൽ അല്ലേ വരുള്ളൂ എന്നാലും നിനക്ക് ഊഹിച്ചു നോക്കാമല്ലോ എന്നാലും നിനക്കൂഹിച്ചു നോക്കാമല്ലോ ഫസ്റ്റ് ക്ലാസ് തീർച്ചയായും കിട്ടും ഫസ്റ്റ് ക്ലാസ് തീർച്ചയായും കിട്ടും ഒന്നാം റാങ്കിന്റെ കാര്യം പറയാനാവില്ല ഒന്നാം റാങ്കിന്റെ കാര്യം പറയാനാവില്ല ആദ്യത്തെ അഞ്ചു പേരിൽ ഞാനും വന്നേക്കും ആദ്യത്തെ അഞ്ചു പേരിൽ ഞാനും വന്നേക്കും അതുപോരല്ലോ വിജയ അതുപോലല്ലോ വിജയ നീ ഒന്നാമനായി വരണം നീ ഒന്നാമനായി വരണം വന്നേ തീരൂ അതാണെന്റെ ആശ വന്നേ തീരൂ അതാണെന്റെ ആശ അമ്മാവൻ നിരാശപ്പെടണ്ട അമ്മാവൻ നിരാശപ്പെടണ്ട ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു ഒരൊറ്റ കാര്യമേ ഞാൻ ചെയ്യാതെ ഉള്ളൂ ഒരൊറ്റ കാര്യമേ ഞാൻ ചെയ്യാതെ ഉള്ളൂ എന്താണത് എന്താണത് ുടെ പിന്നാലെ നടക്കൽ പ്രൊഫസറുടെ പിന്നാലെ നടക്കൽ എല്ലാ വർഷവും അതിനുമുണ്ടാവും കുറേ പേർ എല്ലാ വർഷവും അതിനുമുണ്ടാവും കുറെ പേർ അവരിൽ ഒരാൾക്കെ സാധാരണ ഒന്നാം റാങ്ക് കിട്ടുകയുള്ളൂ അവരിൽ ഒരാൾക്ക് സാധാരണ ഒന്നാം റാങ്ക് കിട്ടുകയുള്ളൂ നീ ഒരാളുടെയും പുറകെ വാലാട്ടി നടക്കണ്ട നീ ഒരാളുടെയും പുറകെ വാലാട്ടി നടക്കണ്ട അവനവന്റെ മിടുക്കൊണ്ടും അവനവന്റെ മിടുക്കുകൊണ്ടും പ്രയത്നം കൊണ്ടും കാര്യം നേടണം പ്രയത്നം കൊണ്ടും കാര്യം നേടണം മനസാക്ഷിക്ക് വിപരീതമായിട്ട് ഒന്നും ചെയ്യണ്ട മനസാക്ഷിക്ക് വിപരീതമായിട്ട് ഒന്നും ചെയ്യണ്ട ശരി ശരി നമുക്കിനി പിന്നെ സംസാരിക്കാം ശരി ശരി നമുക്കിനി പിന്നെ സംസാരിക്കാം നീ അകത്തുപോയി അമ്മാവിയെ കാണാം നീ അകത്തുപോയി അമ്മാവിയെ കാണു ഇന്നലെയും അവൾ നിന്റെ കാര്യമേ ചോദിച്ചുള്ളൂ ഇന്നലെയും അവൾ നിന്റെ കാര്യമേ ചോദിച്ചുള്ളൂ അമ്മാവിക്ക് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അമ്മാവിക്ക് ഇപ്പോൾ എങ്ങനെ കുറച്ച് ഭേദമുണ്ടോ കുറച്ച് ഭേദമുണ്ടോ ആസ്മയുടെ ഉപദ്രവം അധികമില്ല ആസ്മയുടെ ഉപദ്രവം അധികമില്ല പക്ഷേ മറ്റസുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടരുന്നു പക്ഷേ മറ്റസുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടരുന്നു ഡോക്ടർ രാമനെ കാണിച്ചു നോക്കിയോ ഡോക്ടർ രാമനെ കാണിച്ചു നോക്കിയോ വിടുക്കനാണ് അദ്ദേഹം മിടുക്കനാണ് അദ്ദേഹം നിനക്കറിയില്ലേ അവളുടെ നിർബന്ധ ബുദ്ധി നിനക്കറിയില്ലേ അവളുടെ നിർബന്ധ ബുദ്ധി പുതിയ ഡോക്ടർമാരെയൊന്നും അവൾക്ക് വിശ്വാസമില്ല പുതിയ ഡോക്ടർമാരെയൊന്നും അവൾക്ക് വിശ്വാസമില്ല നാട്ടുവൈദ്യ ചികിത്സയെ അവൾക്ക് വേണ്ടു നാട്ടുവൈദ്യ ചികിത്സയെ അവൾക്ക് വേണ്ടൂ ശാന്ത ചേച്ചി അമ്മാവിയെ കുറച്ചു ദിവസത്തേക്ക് കൊണ്ടുപോകട്ടെ ശാന്ത ചേച്ചി അമ്മാവിയെ കുറച്ചു ദിവസത്തേക്ക് കൊണ്ടുപോകട്ടെ ഒരു സ്ഥലം നല്ലതാണല്ലോ ഒരു സ്ഥലം മാറ്റം നല്ലതാണല്ലോ ശാന്ത നന്നാ നിർബന്ധിച്ചു നോക്കി ശാന്ത നന്നാ നിർബന്ധിച്ചു നോക്കി പക്ഷേ അവൾ പോയില്ല പക്ഷേ അവൾ പോയില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് അവൾ എന്തും ചെയ്യുള്ളൂ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവൾ എന്തും ചെയ്യുള്ളൂ ഡ്രിൽസ് റപറ്റേഷൻ ഡ്രിൽ ഞാൻ ഇപ്പോഴേ വരുന്നുള്ളൂ ഞാൻ ഇപ്പോഴേ വരുന്നുള്ളൂ ഞാൻ ഇന്നലെയേ വന്നുള്ളൂ ഞാൻ ഇന്നലെയേ വന്നുള്ളൂ ഞാൻ മറ്റന്നാളേ വരികയുള്ളൂ ഞാൻ മറ്റന്നാളെ വരികയുള്ളൂ ഞാൻ മറ്റന്നാളെ വരുള്ളൂ ഞാൻ മറ്റന്നാളെ വരുള്ളൂ ഞാൻ മറ്റന്നാളെ വരൂ ഞാൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ ഞാൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ ഞാൻ ഇന്നലെ വന്നേയുള്ളൂ ഞാൻ നാളെ വരികയേ ഉള്ളൂ ഞാൻ നാളെ വരികയേ ഉള്ളൂ ഞാനേ ഇപ്പോൾ വരുന്നുള്ളൂ ഞാനേ ഇപ്പോൾ വരുന്നുള്ളൂ ഞാനേ ഇന്നലെ വന്നുള്ളൂ ഞാനേ ഇന്നലെ വന്നുള്ളൂ ഞാനേ മറ്റന്നാൾ വരുകയുള്ളൂ ഞാനേ മറ്റന്നാൾ വരികയുള്ളൂ ഞാനേ മറ്റന്നാൾ വരുള്ളൂ ഞാനേ മറ്റന്നാൾ വരുള്ളൂ ഞാനേ മറ്റന്നാൾ വരൂ ഞാനേ മറ്റന്നാൾ വരൂ കള്ളൻ പണം എടുക്കുന്നേയുള്ളൂ കള്ളൻ പണം എടുക്കുന്നേയുള്ളോ കള്ളൻ പണം എടുത്തേയുള്ളൂ കള്ളൻ പണം എടുത്തേയുള്ള കള്ളൻ പണം എടുക്കുകയേയുള്ളു കള്ളൻ പണം എടുക്കുകയുള്ളോ കള്ളൻ പണമേ എടുക്കുന്നുള്ളോ കള്ളൻ പണമേ എടുക്കുന്നുള്ളോ കള്ളൻ പണമേ എടുത്തുള്ളോ കള്ളൻ പണമേ എടുത്തുള്ളോ കള്ളൻ പണമേ എടുക്കുകയുള്ളോ കള്ളൻ പണമേ എടുക്കുള്ളോ കള്ളൻ പണമേ എടുക്കുള്ളോ കള്ളനെ പണം എടുക്കുന്നുള്ളോ കള്ളനെ പണം എടുക്കുന്നുള്ളോ കള്ളനെ പണം എടുത്തുള്ളോ കള്ളനെ പണം എടുത്തുള്ളോ കള്ളനെ പണം എടുക്കുകയുള്ളോ കള്ളനെ പണം എടുക്കുകയുള്ളോ അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുന്നല്ലേയുള്ളൂ അമ്മ കുഞ്ഞിനെ വഴക്കു പറയുന്നല്ലേ ഉള്ളൂ അമ്മ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞല്ലേയുള്ളൂ അമ്മ കുഞ്ഞിനെ വഴക്കു പറഞ്ഞല്ലേ ഉള്ളൂ അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുകയല്ലേയുള്ളൂ അമ്മ കുഞ്ഞിനെ വഴക്കു പറയുകയല്ലേ ഉള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്ക് പറയുന്നുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്കു പറയുന്നുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്ക് പറഞ്ഞുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്കു പറഞ്ഞുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്ക് പറയുകയുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്കു പറയുകയുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്ക് പറയുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്കു പറയുള്ളൂ അമ്മ കുഞ്ഞിനെയല്ലേ വഴക്ക് പറയൂ അമ്മ കുഞ്ഞിനേലെ വഴക്കു പറയൂ ബിൽഡ് ഡ്രിൽ മോഡൽ ഉള്ളു കണ്ടേ കണ്ടേയുള്ളൂ ഒരിക്കൽ ഒരിക്കൽ കണ്ടേയുള്ളൂ അച്ഛനെ അച്ഛനെ ഒരിക്കൽ കണ്ടേയുള്ളൂ നിന്റെ നിന്റെ അച്ഛനെ ഒരിക്കൽ കണ്ടേയുള്ളൂ ഞാൻ ഞാൻ നിന്റെ അച്ഛനെ ഒരിക്കൽ കണ്ടേയുള്ളൂ നാവ് ഫോളോ ദോഡൽ ഉള്ളു പെയ്യുന്നു പെയ്യുന്നുള്ളു മഴ മഴ പെയ്യുന്നുള്ളു ഇന്നേ ഇന്നേ മഴ പെയ്യുന്നുള്ളൂ ഇവിടെ ഇവിടെ ഇന്നേ മഴ പെയ്യുന്നുള്ളൂ ഈ വർഷം ഈ വർഷം ഇവിടെ ഇന്നേ മഴ പെയ്യുന്നുള്ളൂ കിട്ടുകയുള്ളു സമ്മാനം സമ്മാനം കിട്ടുകയുള്ളു ഒന്നാം ഒന്നാം സമ്മാനം കിട്ടുകയുള്ളു ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടുകയുള്ളൂ റീസ്റ്റേറ്റ്മെൻറ്ററിൽ മോഡൽ വൺ അദ്ദേഹം മലയാളം പഠിപ്പിക്കുന്നു അദ്ദേഹം മലയാളം പഠിപ്പിക്കുന്നേയുള്ളൂ നൗ ഫോളോ ദ മോഡൽ രമണി വീട്ടിലിരിക്കുന്നു രമണി വീട്ടിൽ ഇരിക്കുന്നേയുള്ളൂ അവർ ഹോട്ടൽ കാമധേനുവിൽ താമസിക്കുന്നു അവർ ഹോട്ടൽ കാമധേനുവിൽ താമസിക്കുന്നേയുള്ളൂ അവർക്ക് സമ്മാനം കിട്ടുന്നു അവർക്ക് സമ്മാനം കിട്ടുന്നേയുള്ളൂ ഞാൻ തെലുങ്ക് സിനിമ കാണുന്നു ഞാൻ തെലുങ്ക് സിനിമ കാണുന്നേയുള്ളൂ അമ്മ പച്ചക്കറി വാങ്ങിക്കുന്നു അമ്മ പച്ചക്കറി വാങ്ങിക്കുന്നേയുള്ളൂ മോഡൽ ടു അവർ ഇന്നലെ വന്നു അവർ ഇന്നലെ വന്നേയുള്ളൂ നൗ ഫോളോ ദോഡൽ അദ്ദേഹം പരീക്ഷ എഴുതി അദ്ദേഹം പരീക്ഷ എഴുതിയേയുള്ളൂ രമണി കൽക്കത്തയിൽ പോയി രമണി കൽക്കത്തയിൽ പോയേയുള്ളൂ ഞാൻ മധുവിന് കൊടുത്തു ഞാൻ മധുവിന് കൊടുത്തേയുള്ളൂ ശാരദ മകളെക്കൊണ്ട് പാട്ട് പാടിച്ചു ശാരദ മകളെക്കൊണ്ട് പാട്ട് പാടിച്ചേയുള്ളൂ മോഡൽ ത്രീ അവരൊക്കെ കവിത വായിക്കും അവരൊക്കെ കവിതയെ വായിക്കുകയുള്ളൂ അവരൊക്കെ കവിതയെ വായിക്കുള്ളൂ അവരൊക്കെ കവിതയെ വായിക്കൂ നൗ ഫോളോ ദ മോഡൽ ഞാൻ ബേബിയോട് പറയും ഞാൻ ബേബിയോടെ പറയുകയുള്ളൂ ഞാൻ ബേബിയോടെ പറയുള്ളൂ ഞാൻ ബേബിയോടെ പറയൂ ശാരദ അവളുടെ വീട്ടിൽ താമസിക്കും ശാരദ അവളുടെ വീട്ടിലേ താമസിക്കുകയുള്ളൂ ശാരദ അവളുടെ വീട്ടിലേ താമസിക്കുള്ളൂ ശാരദ അവളുടെ വീട്ടിലെ താമസിക്കൂ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കും ഞാൻ ലൈബ്രറിയിൽ നിന്നേ എടുക്കുകയുള്ളൂ ഞാൻ ലൈബ്രറിയിൽ നിന്നേ എടുക്കുള്ളൂ ഞാൻ ലൈബ്രറിയിൽ നിന്നേ എടുക്കൂ കുഞ്ഞുങ്ങൾ ചപ്പാത്തി തിന്നും കുഞ്ഞുങ്ങൾ ചപ്പാത്തിയെ തിന്നുകയുള്ളൂ കുഞ്ഞുങ്ങൾ ചപ്പാത്തിയെ തിന്നുള്ളൂ കുഞ്ഞുങ്ങൾ ചപ്പാത്തിയെ തിന്നു ട്രാൻസ്ഫർമേഷൻ റിൽ മോഡൽ വൺ കുട്ടി പഠിക്കുന്നേയുള്ളൂ കുട്ടി പഠിക്കുന്നല്ലേയുള്ളൂ നൗ പളുത മോഡൽ മന്ത്രി അന്യായം കാണുന്നേയുള്ളൂ മന്ത്രി അന്യായം കാണുന്നല്ലേയുള്ളൂ അദ്ദേഹം അവനെ വെറുക്കുന്നേയുള്ളൂ അദ്ദേഹം അവനെ വെറുക്കുന്നല്ലേ ഉള്ളൂ സരള എല്ലാം മനസ്സിലാക്കുന്നേയുള്ളൂ സരള എല്ലാം മനസ്സിലാക്കുന്നല്ലേ ഉള്ളൂ രാധ ഓടക്കുഴൽ വായിക്കുന്നേ ഉള്ളൂ രാധ ഓടക്കുഴൽ വായിക്കുന്നല്ലേ ഉള്ളൂ മോഡൽ ടു കുട്ടിയേ ഉറങ്ങുന്നുള്ളൂ കുട്ടിയല്ലേ ഉറങ്ങുന്നുള്ളൂ നൗ ഫോളോ ദോഡൽ അവളേ വിളിച്ചുള്ളൂ അവളല്ലേ വിളിച്ചുള്ളൂ മകനേ വരുകയുള്ളൂ മകനല്ലേ വരികയുള്ളൂ പരീക്ഷയെ കഴിയുന്നുള്ളൂ പരീക്ഷയല്ലേ കഴിയുന്നുള്ളൂ കൂട്ടാനേ വച്ചുള്ളൂ കൂട്ടാനല്ലേ വച്ചുള്ളൂ മോഡൽ ത്രീ രാജു പാലേ കുടിച്ചുള്ളൂ രാജു പാലല്ലേ കുടിച്ചുള്ളൂ ഫലത് മോഡൽ അവൾ മാർക്കറ്റിലേ പോയുള്ളൂ അവൾ മാർക്കറ്റിലല്ലേ പോയുള്ളൂ രോഹിണി വീട്ടിൽ നിന്നേ എഴുതുള്ളൂ രോഹിണി വീട്ടിൽ നിന്നല്ലേ എഴുതുള്ളൂ ഞാൻ അദ്ദേഹത്തിനോടേ സംസാരിക്കൂ ഞാൻ അദ്ദേഹത്തിനോടല്ലേ സംസാരിക്കൂ അവൻ അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അവൻ അവളെ മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളൂ മോഡൽ ഫോർ രാധ വന്നേയുള്ളൂ രാധ വന്നേയുള്ളൂ നൗ ഫോളോ ദ മോഡൽ കുമാർ പാടിയേയുള്ളൂ കുമാർ പാടിയേയുള്ള അരവിന്ദൻ പോയേയുള്ളൂ അരവിന്ദൻ പോയേയുള്ളോ ഞാൻ പലഹാരം ഉണ്ടാക്കിയേയുള്ളൂ ഞാൻ പലഹാരം ഉണ്ടാക്കിയേയുള്ള സരള ഹിന്ദി പഠിച്ചേയുള്ളൂ സരള ഹിന്ദി പഠിച്ചേയുള്ളോ ഡ്രിൽ മോഡൽ വൺ രാധ കാപ്പിയെ കുടിക്കുള്ളൂ രാധ കാപ്പിയല്ലാതെ വേറെ ഒന്നും കുടിക്കില്ലേ നൗ ഫോളോ ദ മോഡൽ മോഹനൻ കഥയെ എഴുതിയുള്ളൂ ഞാൻ അവളെ മാത്രമേ കണ്ടുള്ളൂ സുഖു വീട്ടിലെ പോകുന്നുള്ളൂ ഞാൻ ബേബിയോടെ സംസാരിച്ചുള്ളൂ മോഡൽ ടു ഞാനേ നിന്നെ സഹായിച്ചുള്ളൂ അത് നീ നീയല്ലാതെ വേറെ ആരും എന്നെ സഹായിച്ചില്ല നൗ ഫോളോ ദ മോഡൽ അവരെ ഇന്നിവിടെ വന്നുള്ളൂ കുട്ടികളെ സ്കൂളിൽ നേരത്തെ പോയുള്ളൂ സുഷമയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയുള്ളൂ സരസ്വതിയെ അത്ര നന്നായി പാടിയുള്ളൂ